നിങ്ങളുടെ ചുറ്റുമുള്ള ഗ്രാമീണരിലും മദീനക്കാരിലും കപടവിശ്വാസികളുണ്ട് അവർ കപടവിശ്വാസത്തിൽ ഉറച്ചുപോയിരിക്കുന്നു നിങ്ങൾക്ക് അവരെ അറിയില്ല എന്നാൽ ഞങ്ങൾ അവരെ അറിയുന്നു ഞങ്ങൾ അവരെ രണ്ടു തവണ പിന്നീട് അവർ വലിയൊരു ശിക്ഷയിലേക്ക് തിരിച്ചയക്കപ്പെടുകയും ചെയ്യും